അങ്ങനെ അവർ യാത്ര തുടർന്നു അവർ ഒരു ഗ്രാമവാസികളുടെ അടുത്തെത്തിയപ്പോൾ അവരോട് ഭക്ഷണത്തിന് ആവശ്യപ്പെട്ടു എന്നാൽ അവർ അവരെ അതിഥികളായി സ്വീകരിക്കാൻ വിസമ്മതിച്ചു അവിടെ വീഴാറായൊരു മതിൽ അവർ കണ്ടു അദ്ദേഹം അത് നേരെയാക്കി അപ്പോൾ അവൻ പറഞ്ഞു താങ്കൾക്കിച്ചിരുന്നെങ്കിൽ ഇതിന് പ്രതിഫലം ചോദിക്കാമായിരുന്നു